ഭൻത ഗുരുശാസ്ത്രപ്രമാണേം താത് ആചുപന്നപ്പുരുശാസ്ത്രമാണേ നിർണയിതും താവത് ആച അങ്ങ് വസുഷ്ഠരാമനോട് പറയുന്നത് വിൽപ്പന്നമനാണ് വിൽപ്പത്തിയില്ലാത്ത മനസ്സോടു കൂടിയവനായും വിപത്തിയില്ലാത്ത ഞാനും എന്തിനെ കുറിച്ചൊന്നും ഞാനും ആത്മതത്വത്തെ കുറിച്ചുള്ള ഞാൻ അത് വേണ്ടത്ര ഇല്ലാത്തവനായും പദം നിനക്ക് നിന്നെ അറിയാവും തത്പഥം ബ്രഹ്മത്തെ അറിയാം തണാതത്തത്പദം ബ്രഹ്മത്തെ അതിൻ്റെ ശരിയായ രൂപത്തിൽ അറിയുന്നില്ല അങ്ങനെയുള്ള നീ യത്രമാത്രമാണോ ഒരു വിശ്വാസ എത്രമാത്രമാണോ ഗുരു ഇന്ന് ശാസ്ത്രത്തിൽ നിന്ന് ശാസ്ത്രം മുഖ്യപ്രമാണോ ഉള്ളതന്നെ പ്രത്യേകം പറഞ്ഞു മറ്റ് പ്രമാണങ്ങളിൽ നിന്നും അർത്ഥാവത്തി പോലെയുള്ള പ്രമാണങ്ങളിൽ നിന്നും എത്രമാത്രം നിർണ്ണയിച്ചോ താപത്ത് അതിന് ആചരാ ആചരിക്കുക എന്ന് അനുഷ്ഠിക്കുക അനുഷ്ഠിക്കുക എന്ന് ഭാഗങ്ങൾ സാക്ഷാത്കാരത്തെ വെച്ചവർ പ്രധാനമായ സിദ്ധാന്തം പറയുന്നത് ഗുരു ശാസ്ത്രം പ്രമാണം ഇതിൽ നിന്നും ഈ പറയുന്ന പത്പഥത്തെ പൂർണമായും ഗ്രഹിക്കാൻ പറ്റത്തില്ല ഗുരുവിൽ നിന്ന് ഉപദേശമാണ് ഉപദേശം എന്ന് പറയുന്നത് ഉപദേശ ശ്രവിച്ച് കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണ് അത് ശബ്ദജന്യമായ ശാസ്ത്രം ശാസ്ത്രം അതുപോലെ തന്നെയാണ് ഇത് രണ്ടും ഉപദേശമാണ് അത് അതിൽ നിന്നും പൂർണ്ണമായും ഞാൻ ഉണ്ടാകുന്നത് പിന്നെ വരുന്നത് പ്രമാണമാണ് ഹനുമാനം അഷ്ടാപത്യം പോലെയുള്ള പ്രമാണങ്ങൾ യുക്തി വിചാരിച്ചു സഹായങ്ങളാണ് അപ്പം യുക്തി വിചാരത്തിൻ്റെ കൂടെയും ശരിയായി തത്വത്തെ അറിയാൻ കഴിയില്ല അപ്പോൾ എന്നാൽ ഇതുകൊണ്ടറിയാതിരിക്കട്ടു ഇതിൽ നിന്നെല്ലാം അറിയാൻ കഴിയും എത്രമാത്രം അറിഞ്ഞോ അതാണ് ഒന്നും അറിയുന്നില്ല എന്നല്ല പറയുന്നത് എല്ലാം അറിഞ്ഞും എന്നല്ല പറയുക അത് ആ ചരാം അതിനെ സാക്ഷാത്കരിക്കും ഇപ്പോൾ പൂർണമായ അറിവും സാക്ഷാത്കാരത്തിലാണ് സമാധിയാവുന്ന സാക്ഷാത്കാരത്തിലാണ് സിനിമ അടുത്തു പറയുന്നു അതുതന്നെ തുടർന്നു പോയിരുന്നു ഇതൊക്കെ ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാത്കാരം വരെ എന്തിനു പോകണം അതല്ല അടുത്ത് പറയുന്നു അത് പക്വകഷായും ഞാതകസ്തുനാണ് ശുഭോപ്യസോ യാസരാധി വസ്തുന വക്വകുഭോനോ തജ് ആജ്ഞകളൊന്നും ഇല്ലാത്തവനാണെന്നും കഷ്ടപ്പാടുകളും ദുഃഖം അതൊന്നുമില്ലാത്തവൻ ശാന്ത മനസ്സാകും മുമ്പ് പറഞ്ഞതായ ഒരു ശാസ്ത്ര പ്രമാണങ്ങളിലൂടെ തത്വം നിർണ്ണയമെല്ലാം ചെയ്ത് പക്വത വിജ്ഞാതവസ്തുന അതിലൂടെയൊക്കെ ശാസ്ത്രത്തെ അറിഞ്ഞു പക്വകഷായ എൻ്റെ രാഗാതി ദോഷങ്ങൾ അണുക്കഷായം അതെല്ലാം പെരുപക്വുമായി കർമ്മയോഗം ഭക്തി തുടങ്ങിയ സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച് നമ്മുടെ ദോഷങ്ങളെല്ലാം ഭജിക്കപ്പെട്ട് വെച്ചാൽ നഷ്ടപ്രായമായി അതിനുശേഷം ഇത്രയൊക്കെ ഒരു നല്ല അവസ്ഥയിലെത്തിച്ചേന്നു കഴിഞ്ഞാൽ തുജ എന്റെ ജോലി എന്താണ് ശുഭോക്യാസവും വാസനവും ശുഭമാണെങ്കിലും ഈ വാസനാ സമൂഹത്തെ ശുഭവാസനയാണ് ജനിച്ചത് അതിനവിടെ ഉപേക്ഷിക്കും അതിന് സമാധിയുണ്ടെങ്കിലും ഇതാണ് വിദ്യാരായ സ്വാമി എന്താ പറയുന്നത് തത്വജ്ഞാനമുള്ള പോര അനുശേഷം മനോനാശത്തിലും മനോക്ഷയം വാസനാശം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അതിനുവേണ്ടി സമാധി ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു വാസിഷ്ടത്തിലെ ആശ്രയം ഇപ്പോൾ ഭക്ഷ്യകാലം പറയുന്നത് പോലെ ശങ്കരാചാര്യ പറയുന്നത് ശബ്ദജന്യമായ സാക്ഷാത്കാരം പോലെ ഉപദേശത്തു നിന്നുണ്ടാകുന്ന സാക്ഷാത്കാരം അതുകൊണ്ട് വാസനയിൽ നിന്നും നശിച്ചിട്ടില്ല വാസന നശിക്കുന്നതിന് സമാധിയാണ് അതാണ് ഇവിടെ കൂടുതലായി പറയുക രാജർക്ക് ശേഷം വന്ന എല്ലാ ആചാര്യങ്ങളും പിന്നെ വാസിഷ്ടത്തിന്റെ വഴിക്കാറില്ല ഇതുവരെ എല്ലാവർക്കും ഈ അഭിപ്രായം തന്നെയാണ് വാസനയെ നശിപ്പിക്കണം വാസന എന്ന് വെച്ചാൽ സംസ്കാരം നല്ല സംസ്കാരമാണെങ്കിൽ അത് നശിപ്പിക്കണം മോശ സംസ്കാരം എല്ലാം മുമ്പ് തന്നെ നശിച്ചതാണ് പക്വ കഷായം എന്ന് പറയുന്നത് അവിടെ മോശമായ സംസ്കാരമൊക്കെ നശിച്ചു പക്ഷേ എന്നാണ് ശേഷിക്കുന്ന നല്ല സംസ്കാരങ്ങളും നശിക്കുക അതുകൊണ്ടും പിന്നെ സംഭവിക്കുന്നത് എന്താണെന്നാണ് അടുത്ത് പറയുന്നത് യഥതിസുഭകം ആര്യസേവിതും തത് ശുഭം അനുസൃഷ്ടി മനോ ഞാൻ ഭാവവൃത്യ അധികമയ പദം സദാവിശോഭം തതനു തഥപ്രൗമു സാധുതിഷ്ഠ ഏത് അതിസുഭകം ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു ഐശ്വര്യമായിരുന്നു മനോഹരമായിരുന്നു എന്നുള്ളതർത്ഥം ആര്യസേവിതം സജ്ജനങ്ങളാൽ സേവിക്കപ്പെടുന്നതും അയത്തശുഭം ആ ശുഭ തത്വത്തെ അനുസരിച്ച് അതിനനുസന്ധാനം ചെയ്തത് ശുഭരുന്ന തത്വം പരബ്രഹ്മതത്വമാണ് അതിനെ വിശേഷിപ്പിക്കുകയാണ് ഇതെല്ലാം അതിസുഭവം ആദ്യ സേവിതം ശുഭം പിന്നെ അനുസന്ധാനം ചെയ്ത ധ്യാനം അതിനുധ്യാനിച്ച് മനോജ്ഞഭാവബുദ്ധ്യ മനോജ്ഞഭാവബുദ്ധി കൊണ്ട് എന്ന് പറയുന്നത് ധ്യാനിക്കുന്നവൻ്റെ മാനസികാവസ്ഥ അതാണ് മനോജ്ഞഭാവം ഭാവം എന്ന് വെച്ചാൽ മനസ്സിൻ്റെ അവസ്ഥ മനോരജ്ഞോഭനം മനോഹരം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ധ്യാനിക്കുന്നവൻ്റെ മനസ്സിൻ്റെ യോഗ്യത ആണ് മനോജ്ഞഭാവം എന്ന് പറയുന്നത് അപ്പൊ അതിന് ശാന്തി സമാധാനം സന്തോഷം ഇങ്ങനെയുള്ള ഗുണങ്ങൾ നമ്മുടെ മനസ്സ് അങ്ങനെയുള്ള ബുദ്ധി അങ്ങനെ അതിൽ സമാധിയിൽ എത്തിച്ചേരാൻ പറ്റും സാക്ഷാത്കരിക്കാൻ പറ്റും അതാണ് നേരത്തെ പറഞ്ഞത് സാക്ഷാത്കരിക്കണം സമാധിയെ സാക്ഷാത്കരിക്കണം അല്ലാതെ പറ്റില്ല അപ്പൊ അതിനു വേണ്ടിയുള്ള എല്ലാ യോഗ്യതകളോടും കൂടി സമ്മതമാലെല്ലാം നേടി ശാന്തസങ്കൽപ്പ സുമനാ യഥാസ്യ കഠോവംശത്തിലൊക്കെ പറയുന്നു ശാന്തസങ്കൽപ്പനായി സുമനസ്സായി മനസ്സിലോ തരത്തിലുള്ള ആകാംക്ഷകളും ആകു വ്യാകുലതകളും ഒന്നുമില്ലാത്ത ശാന്തമായ മനസ്സോടുകൂടി അധികമയ പദം സദാ വിശോകം സദാവിശോകം പദം അധികമയ ശോകരഹിതമായി ആ പദത്തെ അധികമയ സാക്ഷാത്കരിക്കൂ എന്ന് പറയാം എല്ലാ യോഗ്യതകളോടും കൂടി ആ പരമപഥത്തെ സാക്ഷാത്കരിക്കുക ശ്രമസാക്ഷാത്കാരം നിന്ന് സമാധിക്കും പദ്ധതിയിലെ ഒരു പഠയിൽ പറഞ്ഞാൽ സവികല്പസമാധി വികല്പം എന്ന് പറഞ്ഞാൽ വൃത്തി വൃത്തിയെന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനം ആ ബ്രഹ്മജ്ഞാനത്തോടുകൂടിയ സമാധി എന്നുവെച്ചാൽ അവിടെ സമാധിയാണ് പക്ഷെ ബ്രഹ്മജ്ഞാനവും അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം അതാണ് സവികല്പസമാധി അത് വൃത്തിജ്ഞാനം അത് നിരന്തരമായ സൗദുരുവർ നൈരന്യ സത്വ ആശയ ദൃഢഭൂമി ആ ദൃഢഭൂമി ലോകത്തിൽ പറഞ്ഞ അവന് ദൃഢഭൂമിയിൽ സംഭവിക്കുന്നതാണ് അവന് സാക്ഷാത്കരിച്ചിട്ട് വിശോഭപൂർവം യാതൊരു തരത്തിലും ദുഃഖമുള്ള സർവ്വ ദുഃഖവിനർമുക്തി എന്നെല്ലാം പറയുന്നതാണ് പിന്നെ അവന് ഇഹപര ലോകങ്ങളില്ല ഇഹപര ലോകത്തില്ല ഒരു തരത്തിലുള്ള ആധ്യാത്മിക ആധിഭൗതികം അതിദൈവം ഇങ്ങനെയുള്ള ഒരു ദുഃഖമില്ല സമാധി അതിലെ ആൾക്കാർ വളരെ ആഗ്രഹത്തോടുകൂടി സമാധി വേണ്ടി പരിശ്രമിക്കുന്നു അങ്ങനെ വിശോകമായ ഒരവസ്ഥ അതിനെ സാക്ഷാത്കരിക്കണം ആ സമാധിയെക്കുറിച്ച് പറയുന്നത് ആനന്ദം നിറഞ്ഞതാണ് ആനന്ദം മാത്രമേ കാരണം ബ്രഹ്മം ആനന്ദസ്വരൂപമാണ് അവിടുത്തെ വൃത്തി ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നതായ വൃത്തി അഹം ബ്രഹ്മാസ്മി എന്നുള്ള വൃത്തി ജ്ഞാനം അത് ശുദ്ധസാത്വികമാണ് ആശുദ്ധമായിരിക്കുന്ന ആനന്ദരൂപത്തിലിരിക്കുന്ന ബ്രഹ്മം ആ സാത്വികമായ വൃത്തിയിൽ അതിൻ്റെ പ്രതിഫലനം വരുമ്പോൾ ധ്യാനിക്കുന്നവൻ ആ ആനന്ദത്തെ അനുഭവിക്കുന്നു അത് അനുഭവിക്കുന്നവനുണ്ട് അങ്ങനെയാണ് ആനന്ദം അനുഭവിക്കുന്ന തൈത്രിയെത്തി പറയും പ്രശ്നം അങ്ങനെ ഒരു ആന്തരികമായ ശുദ്ധമായ സാത്വികമായ വൃത്തിയുടെ അവസ്ഥയിൽ ഒരാൾ സവികൽപ്പ സമാധി എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പരമാനന്ദത്തിലായിരുന്നു എന്നാണ് ഇവിടെ പറയുന്ന ഇവിടുത്തെ മൊത്തം പ്രതിപാദനം ആയിരിക്കില്ല തദനവും തഥപ്യപമുച്ച് അതിനെ ഉപേക്ഷിച്ചിട്ട് ഈ സമാധി പരിശീലനത്തിനാണ് വാസന എല്ലാം പോകുന്നത് ആനന്ദം അനുഭവിക്കണമെങ്കിലും വാസന ശുഭവാസന ആനന്ദം എന്ന് പറയുന്നത് എവിടെ അത് ഇവിടെ സിദ്ധാന്തം പുണ്യകർമ്മത്തിന്റെ ഫലമാണ് പുണ്യകർമ്മങ്ങളൊക്കെ ഒരുപാട് ചെയ്ത് പുണ്യവാസനകൾ സമ്പാദിച്ചവന് ജാഗ്രത്തിലും ഒരുപാട് ആനന്ദം അനുഭവിക്കാൻ പറ്റും സ്വപ്നത്തിൽ ആനന്ദം അനുഭവിക്കാൻ പറ്റും സമാധിയിലും ആനന്ദത്തെ അനുഭവിക്കാൻ പറ്റും അപ്പം പുണ്യഫലമാണ് ആനന്ദം ആ പുണ്യഫലമായിട്ടാണ് കേവല ശുദ്ധമായ സാത്വികമായ ഒരു മനോവൃത്തി ലഭിക്കുന്നത് സവികളുടെ സമാധി ഭനുവാസന വേണം പക്ഷെ അതിനെ ഉപേക്ഷിക്കുക അന്ന് തഥ അവമുച ആ സാക്ഷാത്കാരത്തെ ഉപേക്ഷിക്കുക വിദ്യയെ ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുമല്ലോ ആ വിദ്യ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മള് സാധനം ധരിക്കുന്ന പോലെ ജാഗ്രത നേടുന്നതുകൊണ്ട് നമ്മൾ അറിവ് നേടുക അറിവിനെ കളയുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും വരും ഇവിടെ പറയുന്നതിനുസരിച്ച് അപ്പോ ഇതാണ് ഇവിടെ പറയുന്നത് വിദ്യ ഉപേക്ഷിക്കുക എന്ന് ധരിച്ചിട്ട് ആൾക്കാരെന്ത് ചെയ്യും പിന്നെ ആധ്യാത്മികമായ പുസ്തകങ്ങളൊന്നും വായിക്കത്തില്ല സത്സംഗങ്ങളൊന്നും ഏർപ്പെടത്തില്ല കാരണം വിദ്യ ഉപേക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നു അങ്ങനെയൊക്കെ ഭ്രമിക്കുന്നവരൊന്നും പിന്നെ ഇതൊന്നും വേണ്ട ഇതൊന്നും വേണ്ടെങ്കിൽ പിന്നെ അവന്റെ പിന്നെ കാടും പടലുമൊക്കെയായിരിക്കും അപ്പോ ജാഗ്രതയിൽ വിദ്യ നേടുക ജാഗ്രതത്തിൽ വിദ്യ ഉപേക്ഷിക്കുന്ന കാര്യമല്ല പറയുന്നത് ജാഗ്രത വിദ്യ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വിദ്യ എന്ന് പറയുന്നത് ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നതാണ് അതിനെ ആർക്ക് പിടിച്ചു നിർത്താൻ ജാഗ്രതത്തിലെ മനോവൃത്തികളെന്ന് പറയുന്നത് സ്ഥായിയായി ഒന്നും നിൽക്കത്തില്ല ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നു കേൾക്കുന്നത് ഒരു വൃത്തിയാണ് മാനസിക വൃത്തിയാണ് അറിയുന്നു അറിയുന്ന ഒരു മാനസിക വൃത്തിയാണ് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വേറെ പറയും ഇതുവരെ പറഞ്ഞല്ല ഇപ്പൊ പറയുന്നു ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ചിന്തകളിലേക്ക് കടന്നു വരും പറയുന്നതിനൊക്കെ ചോദ്യം ചെയ്യണമെന്നു പലതും വരും മനസ്സ് ജാഗ്രതയിലെ വൃത്തികളെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല അതെങ്കിലും കടന്നു വരികയാണ് അതുപോലെ തന്നെ വെച്ചുപോവുകയാണ് അപ്പോ എന്താണ് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് സമാധിയിലെ വൃത്തിയാണ് ഉപേക്ഷിക്കുക പരിശ്രമം കൊണ്ട് വളരെയധികം പരിശ്രമം കൊണ്ട് നേടിയ ആ ആ പരിശ്രമം തുടരുമ്പോ എന്ത് ചെയ്യുന്നു അതിനെ ഉപേക്ഷിക്കണം ധർമ്മമേക സമാചിക്കും എന്നൊക്കെ യോഗശാസ്ത്രത്തിൽ പറയുന്ന രീതിയിലായി അതിനും പരവൈരാഗ്യം വന്നിട്ട് എന്ത് ചെയ്യുന്നു അവിടെയും തന്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് അതിനപ്പുറം പോകണം അത് അവിടെ എത്തിയവർക്ക് ചെയ്യാൻ പറ്റും അല്ലാത്തവർക്കും മറ്റത്തില്ല ആഖണ്ഡാകാര വൃത്തി അതിനെയും ഉപേക്ഷിക്കും ഏത് സംസ്കാര രൂപത്തിൽ എന്തും വരാം ഇച്ഛാശക്തി വരാം ആനന്ദം വരാം ശുഭവാസന ഏത് സംസ്കാര രൂപത്തിൽ വരാം സംസ്കാരമാണ് പ്രവർത്തിക്കുന്നത് അവിടുത്തെ എല്ലാ പ്രയത്നങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്താണോ സംസ്കാര രൂപത്തിലുള്ള ഇച്ഛാശക്തിയും മറ്റുമൊക്കെയാണ് എന്നിട്ട് ഇച്ഛാ ശക്തി പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നമ്മളുടെ ദൃഢനിശ്ചയങ്ങളാണ് എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം എനിക്ക് ഇന്നത് ചെയ്യണം എന്നൊക്കെ നമ്മളിപ്പോൾ ചിന്തിക്കുന്നു അപ്പോ ഇവിടെ നമ്മുടെ ചിന്തകൾ പലതരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ പലതരത്തിലുള്ള ഇച്ഛാശക്തികളുണ്ടാവും പറയുന്നത് അത് ചിന്താരൂപത്തിൽ വരുന്നു വാക്കിന്റെ രൂപത്തിൽ വരുന്നു പ്രവൃത്തി രൂപത്തിൽ വരുന്നു സമാധിയിൽ നിന്ന് അവിടെ ചിന്തയില്ല പ്രവൃത്തിയില്ല പിന്നെ എന്താണ് കേവലമായ സംസ്കാരം മാത്രം യോഗശാസ്ത്രത്തിലാണ് മറ്റൊന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല അപ്പൊ അവിടുത്തെ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ സംസ്കാര ജന്യമായിരുന്നോ അങ്ങനെയാണ് അതുകൊണ്ട് എന്താണ് ജ്ഞാനത്തിന് കാരണമായിരിക്കുന്നത് എന്താണ് അത് വാക്യമാണോ അതോ മനസ്സാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അർത്ഥിക്കാണ്ട് ഈ തർക്കമാണ് മനസ്സിനാണോ അവിടെ പ്രാധാന്യം നിർത്തിയിരുന്നത് എന്തുകൊണ്ട് സംസ്കാരം മനസ്സിലാണോ സമാധി ആശ്രയിക്കുമ്പോൾ സമാധിയിൽ സാക്ഷകാരം എന്ന് പറയുമ്പോൾ അവിടെ പ്രാധാന്യം മനസ്സിലാണ് എന്തുകൊണ്ട് സംസ്കാരം മനസ്സിലാണ് അപ്പൊ അവിടെ സംസ്കാരം മാത്രമാണ് പോകുന്നത് അല്ല വാക്യത്തിനാണ് പ്രാധാന്യം എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിന് പ്രാധാന്യം അത് അദ്വൈതത്തിൽ പല പല പല പ്രക്രിയകളാണ് സിദ്ധാന്ത ലേശ സംഗ്രഹം അവരുടെ ഉണ്ടെങ്കിൽ പല പ്രക്രിയകൾ വേറെ വേറെ കൊടുത്തിട്ടുണ്ട് നിർവികല്പ സമാധി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അവിടെ വൃത്തിയില്ല വൃത്തിയില്ലാതെ വൃത്തിശൂന്യോയം ബ്രഹ്മ കേവലം അതായത് ഈ സവികല്പ വൃത്തിയുള്ള ഇല്ല ആ വൃത്തിക്ക് കാരണമായിരിക്കുന്ന സംസ്കാരങ്ങളും സംസ്കാരം പൂർണമായില്ലെന്ന് പറയാൻ പറ്റുന്ന കാരണം ശരീര കാരണം ശരീരം നിലനിൽക്കുന്നതിനുള്ള സംസ്കാരമുണ്ട് ബാക്കിയെല്ലാം നശിക്കുന്നു നിറവേൽപ്പ സമാധി പിന്നെ ആ ശരീരത്തെ മാത്രം നിലനിൽക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത് അതിനാണ് പ്രാരബ്ധ സംസ്കാരം എന്നവിടെ പറയുന്നത് അത് സ്വയം നശിക്കും അത് സ്വയം നശിക്കുമ്പോൾ ശരീരം നശിക്കും പറയുന്നത് വേറെ ഭാഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അതീ പറയുന്ന മുഖ്യ മുട്ടും മരിച്ചതിന് ശേഷം ഇവിടെ പറയുന്നതും മരിച്ചതിന് ശേഷം രണ്ടിനും നമ്മൾ വ്യത്യാസ വിധമാണ് ഒരിടത്ത് സമാധിയിലൂടെ പോയി സംസ്കാരങ്ങളോടെ പറഞ്ഞുള്ളത് ശുഭവാസന ഉണ്ടെങ്കിൽ അതിനെയും ത്യജിച്ച് ബോധപൂർവം തെജിച്ച് എന്തെങ്കിലും നിറവിയൽപ്പ സമാധിയിൽ വൃത്തിശൂന്യമാവും വൃത്തികളൊന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയിലെത്തിയിട്ട് പ്രാരബ്ധം സംസ്കാരം നശിക്കുമ്പോൾ ശരീരം നശിച്ച് വിദേഹമുക്തനാണ് മൺകുട്ടത്തായന്റെ കാര്യമൊന്നുമില്ല തത്വജ്ഞാനത്തിന് തടസ്സമായിരിക്കുന്ന സംസ്കാരങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു ജ്ഞാനം തത്വം എന്താണ് ശ്രവണമലനങ്ങൾ ഭക്തി കർമ്മയോഗം മറ്റ് യോഗങ്ങൾ ഇതെല്ലാം ശീലിച്ച് അത്തരം സംസ്കാരങ്ങളെല്ലാം നശിപ്പിക്കുന്നു പിന്നെ എന്ത് ചെയ്യുന്നു ജ്ഞാനം കൊണ്ട് നശിക്കാവുന്നയോ എന്താണ് അജ്ഞാനം പിന്നെ ശേഷിക്കുന്നത് എന്താണ് പ്രാരബ്ദ ജീവിതം ആ പ്രാരബ്ധീവിതം എന്ന് പറയുമ്പോ അവിടെ കേവലം നിർവേൽപ്പ സമാധിയല്ല പ്രാരബ്ദ ജീവിതം കുറയുന്നതും തിന്നുന്നതും കുടിക്കുന്നതും എല്ലാ കാര്യങ്ങളും പ്രാരബ്ദ ജീവിതമാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അല്ല അപ്പൊ ആ പ്രാരബ്ധ സംസ്കാരമാണ് എന്ന് കാരണം ആ സംസ്കാരം സ്വാഭാവികമായും നശിക്കുമ്പോൾ മുഖ്യം രണ്ട് തമ്മിൽ വ്യത്യാസമെ തത്വജ്ഞാനത്തിന് ശേഷം മനോനാശത്തിനും വാസന വാസനാനാശത്തിനും ഒന്നും പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്തുമാത്രം മതിയില്ല ഡിസിപ്ലിൻ മാത്രമാണ് അവിടെ എന്താണോ ശീലിച്ചിരിക്കുന്നത് തുടരുക ശ്രവണ മനനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യം അത് തുടർന്നുകൊണ്ടേയിരിക്കുക ഇവിടെ അങ്ങനെയല്ല ഇവിടെ സമാധി എന്നു പറഞ്ഞൊരു വലിയ പണിയുണ്ട് സ്ഥലന്ന് പറഞ്ഞാൽ പോരാ അതിലും കടുത്ത വാക്കുക അത് എളുപ്പം ഒന്നും സാധിക്കുന്ന കാര്യമില്ല ഇത് യോഗത്തിന്റെ വഴി യോഗയാണ് ചെയ്യുന്ന അതേ കാര്യങ്ങളാണ് പറയുന്നത് തഥപ്പ്യപമുച്ച അതിനുപേക്ഷിച്ചിട്ട് സാധു നിഷ്ഠ സാധുസ്വരൂപത്തിൽ സ്ഥിരീകരണ ബ്രഹ്മസ്വരൂപമായിരിക്കുക കേവലം ബ്രഹ്മസ്വരൂപമായിരിക്കുക എല്ലാ കൈവല്യം മോക്ഷം എന്ന് ഇവിടെ പറയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പുനർജന്മത്തിന് കാരണമായിരിക്കും ഇതിന്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം എന്താണ് ഇവിടെ പറയുന്ന ഈ രണ്ടിന്റെ ജ്ഞാനത്തിന്റെ വഴിയായാലും ശരി ഇവിടെ പറയുന്ന സമാധിയുടെ വഴിയായാലും ശരി ആത്യന്തികമായ ലക്ഷ്യം ഒന്നേ ഉള്ളൂ മോക്ഷമെന്ന് പറഞ്ഞാൽ അവരൊറ്റ ലക്ഷ്യമുള്ളൂ എന്താണ് പുനർജന്മത്തെ ഒഴിവാക്കും അടിസ്ഥാനമായ ആശയം എന്താണ് ജനിച്ചു കഴിഞ്ഞോ ദുഃഖമാണ് ആണായാലും ശരി പെണ്ണായാലും അപ്പൊ ഈ ദുഃഖം ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം എന്താ പറയുക വളരെ സിമ്പിൾ ജനിക്കാതിരിക്കുക ഇപ്പൊ എന്തായാലും ജനിച്ചുപോയി ഇതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല ഇനി ജനിക്കാതിരിക്കുക ഇവിടെ പറയുന്ന ഈ അധ്യാത്മശാസ്ത്രത്തിന്റെ അടിസ്ഥാനയിലാണ് അടിസ്ഥാന ആശയം മോക്ഷം എന്തിനു വേണ്ടി എനിക്കതി ജനനത്തിന് കാരണമായിരിക്കുന്ന പ്രാരബ്ധ സംസ്കാരം ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനനത്തിന് കാരണമില്ല ഒരു കാരണമില്ല അതാണ് പറയുന്നത് അദ്വൈതികളുടെ നിലപാടാണേ അവിടെ മനസ്സിലാവും ജനനത്തിന് കാരണമായിരിക്കുന്ന ഈ പ്രാരം ആ അതങ്ങും നശിച്ചു കഴിഞ്ഞാൽ സഞ്ചിതമാണ് പ്രാരബ്ദ രൂപത്തിൽ സഞ്ചിതത്തിൽ നിന്ന് പ്രാരബ്ദത്തെ എടുത്തിട്ടാണ് ജന്മം തുടങ്ങിയത് പിന്നെ ഉള്ളത് ആഗാമിയാണ് അതെല്ലാം ജ്ഞാനം കൊണ്ട് നിന്ന് സഞ്ജീതത്തിന് ബാക്കിയുള്ളതെന്ന് നശിച്ചു പിന്നെ ഈ പ്രാരബ്ധം ഈ ജന്മത്തിന് കാരണമായ അതുകൂടെയൊന്നും നശിച്ചു കഴിഞ്ഞാൽ ഇനി ജന്മമില്ല ജന്മത്തെ ഒഴിവാക്കും ഇതാണ് ഇതിന്റെ അടിസ്ഥാനം പുനർജന്മത്തെ ഒഴിവാക്കുക അതാണ് മോക്ഷം അപ്പൊ ജനിച്ച ദുഃഖിക്കും ജനിക്കേണ്ട ദുഃഖിക്കണ്ട ഇതാണ് ഇതിന്റെ അടിസ്ഥാനം അദ്വൈതത്തിന് മോക്ഷം എന്ന് പറയുന്ന ഈ ഒരാശയത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഭാഷകാലം പറയുന്നത് മരണ ശേഷമാണ് മുഖ്യമായും അവിടെ വീണ്ടും ജനിക്കുന്നില്ല ജനിക്കാത്തിടത്തോളം കാലം സംസാരദുഃഖം അനുഭവിക്കുന്നത് മോക്ഷം നിത്യമായിരുന്നു അപ്പോ അദ്വൈതത്തിൽ എന്താണ് മുക്തിക്ക് വേണ്ടി ഒരാൾക്ക് പരിശ്രമം മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ജായതയെ പ്രിയതയും എന്നൊന്നും പറഞ്ഞാ കാര്യം നീക്കത്തി ബ്രഹ്മത്തിന്റെ കാര്യം പറയണം നിങ്ങൾക്ക് മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കണമെങ്കിൽ പുനർജന്മത്തെ അംഗീകരിച്ചു കിടക്കും അപ്പത്യം എന്തുകൊണ്ട് എല്ലാ പരിശ്രമങ്ങളും അതിനെ ഒഴിവാക്കാനാണ് അതില്ലെങ്കിൽ പിന്നെന്തിനാ പരിശ്രമം പുനർജന്മം അല്ലെങ്കിൽ പിന്നെന്തിനാ പരിശ്രമിക്കുന്നത് ആ ബ്രഹ്മം ജനിക്കുന്നില്ല മരിക്കുന്നില്ല അതൊക്കെ ശരി പക്ഷേ ജീവൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യും അപ്പൊ ആ ജനന മരണങ്ങൾ ഒഴിവാക്കണമെങ്കിൽ പരിശ്രമിച്ചേ പെട്ടു എന്തൊക്കെ പരിശ്രമിക്കണം കർമ്മം യോഗം ഭക്തി ഇതെല്ലാം അതിനുള്ള പരിശ്രമങ്ങളാണ് ജ്ഞാനസമ്പാദനം അതൊക്കെ പരിശ്രമങ്ങളാണ് അപ്പോൾ ബ്രഹ്മം ജനിക്കുന്നെല്ലാം മരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഈ പരിശ്രമങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു പുനർജന്മത്തെ ഒഴിവാക്കുന്നു മുക്തനായി അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ബ്രഹ്മം ജനിക്കുന്നെല്ലാം മരിക്കുന്നില്ല എന്നറിഞ്ഞാ പോരാ പിന്നെന്ത് ചെയ്യണം പരിശ്രമിക്കും എന്തിനു വേണ്ടി പരിശ്രമിക്കണം സമാധിയിലെത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുക എന്നിട്ട് സാധു നിഷ്ഠ ബ്രഹ്മസ്വരൂപനായി സ്ഥിതി ചെയ്യുക സാധു എന്ന് പറയുന്ന ക്രിയാവിശേഷം സാധു പൂർണ്ണനായി സ്ഥിതി ചെയ്യുക ദോഷങ്ങളൊന്നും ഇല്ലാത്തവനായി സ്ഥിതി ചെയ്യുക ജന്മമില്ലാത്തവനായി സ്ഥിതി ചെയ്യുക ഇങ്ങനെയൊക്കെ പലതരത്തിലെ വിപുലീകരിച്ച അപ്പോ ഇതിന്റെ പരമമായ ലക്ഷ്യത്തെയാണ് ഇവിടെ പറഞ്ഞത് ഇതിനി എത്രയോ സ്ഥലത്ത് ആവർത്തിച്ചു പറഞ്ഞു അടുത്ത ദശമസൽവം ശ്രീവാസി ഭഗവാൻ യഥാസ്ഥിതം ബ്രഹ്മതത്വം സത്താനേതിരിച്ചതേ സവിനേതൃവിനേതൃത്വം സ വിനേയ വിനേയത പറയുന്നത് എന്താണോ യഥാസ്ഥിതം ബ്രഹ്മതത്വം യഥാസ്ഥിതമായിരിക്കുന്ന ബ്രഹ്മതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തെങ്ങനെയാണോ ശ്രുതിപ്പെളിപ്പെടുത്തിയിരിക്കുന്നത് ആ രൂപത്തിലുള്ള ബ്രഹ്മതത്വം നിത്യ ശുദ്ധ ബുദ്ധ മുക്ത എന്നെല്ലാം പറയുന്ന ബ്രഹ്മതത്വം അതിനെ തന്നെയാണെന്ന് പറയുന്നത് സത്ത എന്ന് പറയുന്നു അത് തന്നെയാണ് നീങ്ങേറ്റി എന്ന് പറയുന്നത് നീതിയെക്കുറിച്ചുകൂടെ പറയുന്നത് എന്താണ് നാളെ സംഭവിക്കുന്നതും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അതാണ് നീ നീതി ഒഴിവാക്കാൻ പറ്റും ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നും നീതിയല്ല നാളെ പലതും സംഭവിക്കുന്നു പലതും നമ്മൾ ഒഴിവാക്കും പക്ഷെ എത്ര ശ്രമിച്ചാലും ഒഴിവാക്കാൻ പറ്റാത്താണ് എന്താ നീതി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അല്പം വ്യത്യാസം പറയുന്നു വിധി എന്ന് പറയുമ്പോ വിധിയെ നമുക്ക് ഒഴിവാക്കാനും പറ്റും പല കാര്യങ്ങളും എന്താണോ ജീവിതത്തിൽ സംഭവിക്കുന്നത് സംഭവിക്കേണ്ടത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇപ്പം രോഗം വന്ന് കഷ്ടപ്പെടുന്നു മരുന്ന് കഴിച്ചാൽ കഷ്ടപ്പാട് ഒഴിവാക്കാം സമ്പത്തില്ലാതെ കഷ്ടപ്പെടുന്നു കഷ്ടപ്പെടേണ്ടതാണ് സമ്പത്തുണ്ടാക്കി അല്ലേ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നു അപ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു ഭഗവാനെ എല്ലാം ഒഴിവാക്കി തരണേ അപ്പൊ അവൻ വിശ്വസിക്കുന്ന ഭഗവാനെല്ലാം ഒഴിവാക്കി തരുന്നു കുറെ ദുഃഖങ്ങളൊക്കെ ഒഴിവാകുന്നു അത് മാറ്റുന്നതാണ് ഒന്നിങ്ങനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ നാളെ അനുഭവിക്കുമെന്നും ഭയക്കുന്നതോ അതിനെ എന്നെ ഒഴിവാക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതും ഒഴിവാകുന്നു അപ്പൊ എല്ലാം അനുഭവിക്കണമെന്നും നിർബന്ധമില്ല പക്ഷേ നീതി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയും അവശ്യം ഭാവി ഭാവാന അവശ്യം ഭാവി ഭാവങ്ങൾ പ്രതികാരോ ഭവയ അതിന് പ്രതികാരമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്നല്ല അങ്ങനെ ഉണ്ടെങ്കിലോ തഥാ ദുഃഖേരണ ലിപ്പിയരൻ അങ്ങനെയാണെങ്കിൽ ആര് നളരാമ യുധിഷ്ഠിരാഹ നളൻ രാമൻ യുധിഷ്ഠിരൻ കേമന്മാരാണ് നടനാണെങ്കിൽ കാട്ടിപ്പോയി മുടുന്നുണി പോലും നഷ്ടപ്പെട്ടു രാജാവായിരുന്നു അട രാമനാണെങ്കിൽ ജീവിതത്തിന്റെ ഒട്ടുമുക്കാൽ സമയം കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ജീവിച്ചു കരച്ചിലായിരുന്നു പുള്ളിയുടെ പണി പിന്നെ ഒരാൾ വരുന്ന ആരാണെങ്കിൽ യുധിഷ്ഠന്റ കാര്യം പറയാനേ അവസാനമായപ്പോൾ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരും നഷ്ടപ്പെട്ടു ഭാര്യ നഷ്ടപ്പെട്ടു അതിനു മുമ്പ് എല്ലാം വളരെ ദുരന്തങ്ങളിൽ നഷ്ടപ്പെട്ടു എല്ലാവർക്കും എല്ലാം നഷ്ടപ്പെടും ശ്രീലങ്ങനെയാണ് ദുരന്തങ്ങളിലൂടെ നഷ്ടപ്പെട്ടു ഇവരെല്ലാം അതിശക്തന്മാരാണ് ധാർമ്മികന്മാരാണ് രാമനാണെങ്കിൽ സാക്ഷാത് അവതാരമാണ് മറ്റുള്ളവരെല്ലാം പൗരുഷം ഉള്ളവരാണ് എല്ലാവരും അപ്പൊ അവർക്കെന്തെങ്കിലും അവരുടെ ദുഃഖങ്ങൾക്ക് പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ ഈ ദുഃഖങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാമായിരുന്നില്ല അപ്പോ എന്താണ് നിയതി എന്ന് പറയുന്ന ഒന്നുണ്ട് അതിനാണ് പറയുന്നത് പരിഹരിക്കാൻ വയ്യാത്ത ഇടപാട് എന്തൊക്കെ ശ്രമിച്ചാലും ശരി ഏത് ദൈവത്തിൻ്റെ കാര്യം പോയി പിടിച്ചാലും എന്താണ് അത് പരിഹരിക്കാൻ പറ്റും എല്ലാം പരിഹരിക്കും നമ്മൾ ജോലി പരിഹരിക്കുന്നത് കുറെ കാര്യങ്ങളുണ്ട് അത് പരിഹരിക്കും എല്ലാം പരിഹരിക്കാൻ പറ്റി അതിനെയാണ് പറയുന്നത് അവശ്യം ഭാവി ഭാവങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് അവശ്യം സംഭവിച്ചേ തീരും അല്ല എല്ലാത്തിലും പരിഹാരം ഉണ്ടായിരുന്നു എല്ലാ മനുഷ്യരുടെയും ജീവിതം എത്രയും സുഖമായി പോയാൽ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് ക്യാൻസർ എന്നായിരുന്നു എത്ര പേര് രക്ഷപ്പെടുന്നു പണ്ട് മേൽപ്പത്തൂര് ഗുരുവായൂരിൽ പോയിരുന്നപ്പോൾ വാദരോഗം മാറി ശരിയാണ് പക്ഷെ ക്യാൻസർ കുറിച്ച് എത്രയോ പേര് അവിടെ പോയി ഭജനവഹിക്കുന്ന ആർഗങ്ങൾ മാറുന്നു ചില ഭൃതമാണ് അവിടെ കിടന്നു മരിച്ച ഒരാൾ എനിക്ക് എന്താ പരിഹരിക്കാത്ത ഭക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഭഗവാൻ ആശ്രയിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിച്ചുകളത് എന്താണ് നിയതിയെ മാറ്റാൻ പറ്റുമെന്ന് ചിലത് പരിഹരിക്കാത്തതിനാണ് നീതി എന്ന് പറയുന്നത് പരിഹരിക്കുന്നതിന് നമുക്ക് എന്തോ ഭാഗ്യമെന്നോ വിധിയെന്നോ എന്തൊക്കെ പറയണം അങ്ങനെയൊക്കെ വേറെ പേരിട്ട് വിളിക്കുന്നു നീതി പ്രത്യേകം പറയാം എല്ലാ മനുഷ്യരിലും അങ്ങനെ അനിഷ്ടമായ കാര്യങ്ങൾ ദുരന്തങ്ങൾ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഒരു നീതിയുടെ രൂപത്തിൽ വരികയാണെങ്കിൽ പരിഹരിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വഴിയും ഈശ്വരനെ ആശ്രയിച്ചാലോ പരിഹരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഞേതി എന്ന് വിളിക്കാൻ പറ്റില്ല പരിഹരിക്കാൻ വയ്യാത്ത കാര്യങ്ങളുണ്ടെന്ന് ഇവിടെ ഉറപ്പിക്കുകയാണ് അതാണ് പറഞ്ഞ എന്താണ് അവശ്യം ഭാവി ഭാവാണ പ്രതീകാരോ ഭാവി എന്തെങ്കിലും അതിനൊരു എന്താണോ അതിനൊരു പരിഹാരം ഒരു പരിഹാര ക്രിയ യാഗമോ ഹോമം പരിപാടി ഉണ്ടായിരുന്നു എങ്കിൽ യുദുഷിനൊക്കെ എത്രയോ കാശമുണ്ടായിരുന്നു എത്രയോ യാഗം നടത്തി നണനും കാശമുണ്ടായിരുന്നു രാമിനു ഇഷ്ടം പോലെ ഗുണമുണ്ടായിരുന്നു ഒരു ഗണപതി ആയിരം ഗണപതി ഹോമം നടത്താമായിരുന്നു പക്ഷെ കഥാ ദുഃഖേരിനെ ഇവരൊന്നും ദുഃഖത്തിൽ മുഴുകത്തില്ലായിരുന്നു ഇവരെല്ലാം പലതരത്തിലുള്ള ദുഃഖങ്ങൾ മുഴുകിപ്പോയതാണ് പരിഹരിക്കാൻ കഴിയാത്ത ദുഃഖങ്ങൾ ഇത് നമ്മുടെ മനസ്സിലെപ്പോഴും ഓർത്തു വെച്ചിരിക്കുന്നാലാണ് എല്ലാം പരിഹരിക്കാൻ വേണ്ടി ഈശ്വരനെപ്പോലും ആശ്രയിച്ചിട്ട് കാര്യമില്ലെന്നാണ് പിന്നെ അല്ലെ മനുഷ്യരെ ആശ്രയിച്ചിട്ട് ഡോക്ടറെ ആശ്രയിച്ചിട്ട് വൈദ്യനെ ആശ്രയിച്ചിട്ട് രോഗം മാറ്റം മാറേണ്ടതാണെങ്കിൽ മാറും മാറാൻ വയ്യാത്തതാണെങ്കിൽ ആർക്കും മാറ്റാൻ പറ്റില്ല അനുഭവിച്ചു തന്നെ തീരണം അതുകൊണ്ടാണ് ചിലത് പറയും അത് ശരിക്കില്ല സമയം മോശമാണെന്ന് നമുക്ക് പറയും അതിനെക്കുറിച്ചുകൂടെ പറയും സമയത്തിന് ഈ മോശം ചീത്താവുന്ന സമയത്തിൻ്റെ പൊഴി പറയുന്ന എന്താണ് പരമാവധമാണ് സമയത്തിൽ നല്ല സമയം മോശ സമയം അങ്ങനെയല്ല ടൈം എന്ന് പറയുന്നത് നല്ലതും ചെയ്യത്തുമായിരിക്കുന്ന ഒരു വസ്തുവല്ല സമയം എന്ന് പറയുന്നത് അത് ഭൂതം വർത്തമാനം ഭാവി അത് എറ്റേണലാണ് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം അതൊരൊഴുക്കാണ് അത് നല്ലത് വിചിത്ത അങ്ങനെ ഒന്ന് സമയത്തിൽ പിന്നെ എന്താണ് ഇത്തരം നീതി അല്ലെങ്കിൽ വിധി ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ നമുക്ക് ഒരുപാട് ആശങ്ക ഉണ്ടാകുമ്പോൾ ഇതെങ്ങനെ പരിഹരിക്കും രോഗമുണ്ട് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകളുണ്ടാകുമ്പോൾ ജോത്സ്യന്മാരെ നമ്മളെ പറ്റിക്കുന്ന സമയദോഷവും അങ്ങനെ സമയത്തിൽ ദോഷമേ പരമാബദ്ധമാണ് അത് വെച്ച് അസംബന്ധമാണ് ആ എന്നൊക്കെ പറയുന്നത് വരാനുള്ളത് വഴി തങ്ങത്തില്ലെന്ന് പറഞ്ഞ് ഇന്ത്യയെ കുറിച്ച് പക്ഷെ ചിലതൊക്കെ മാറിപ്പോവുകയും ചെയ്യും ശ്രദ്ധിച്ചാൽ ചില കാര്യങ്ങളൊക്കെ മാറിപ്പോകും രോഗമെന്നാൽ ചികിത്സിച്ചാൽ മാറുന്നില്ല മരണത്തിന് കാരണമാകുന്ന ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ പോലും ഇന്ന് ചികിത്സു മാറ്റുന്നുണ്ട് ഇപ്പോ കൊറോണ വന്നിട്ട് എല്ലാരും മരിച്ചോ നിങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നില്ലേ പക്ഷെ എത്ര പേര് മരിച്ചുപോയി പരിഹാരമുള്ളതും ഉണ്ട് പരിഹാരമില്ലാത്തതും ആ പക്ഷേ ഈ യുവജന്മാർ പറയുന്ന എന്താണ് സമയത്തിന്റെ ദോഷം അത് ഏറ്റവും വലിയ സമയം എന്ന് പറയുന്നത് എന്താണ് ഐൻസ്റ്റീൻ പറയുന്നത് സമയം എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിന്റെ ഒരടിസ്ഥാന ഘടകമാണ് സ്പേസ് ടൈം എന്ന് പറയുന്നത് പ്രപഞ്ചയാഥാർത്ഥ്യത്തിന്റെ ഒരു അടിസ്ഥാന ഘടകമാണ് അതിനപ്പുറം അതിന്റെ ഗുണം ദോഷം അങ്ങനെയായിരുന്നു ജോത്സ്യന്മാരങ്ങനെ പലതും പറയും ഇത്രയേ ഉള്ളൂ ഞാൻ ഇപ്പൊ എലക്ഷൻ നടന്നപ്പോ ചില ജോത്സ്യന്മാർ പറഞ്ഞ് ട്രംപ് ജയിക്കുന്നു ചിലര് പറഞ്ഞ് കമലാ ഹാരിസ് ജയിക്കുന്നു എന്തായാലും ആരെങ്കിലും ഒരാൾ ജയിച്ചല്ലേ ഒരാൾ ജയിച്ചു ഫിഫ്റ്റി ഫിഫ്റ്റി പറയണ്ട ജോത്സ്യം പറഞ്ഞ് ശരിയായി ട്രംപ് ജയിച്ച് ഒരാൾ പറയുന്നു അത് തെറ്റിപ്പോയല്ലോ And the probability അതിന്റെ പ്രൊവബിലിറ്റി ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് എന്തായാലും ഒരാൾ ശരിയായ വയ്ക്കും അതുകൊണ്ട് ജോത്സ്യം ശരിയാകുന്നു ജ്യോത്സി ശരിയായതുകൊണ്ടല്ല ഒരു ഇപ്പൊ ഒരു വലിയ പ്രസിദ്ധനായ ഒരു ജോത്സി എന്തും ചാടിക്കേറി പ്രവചിച്ച് കളയുന്ന ഒരു വലിയ ജോത്സ്യം ഇപ്പൊ പ്രവഹിച്ച് ആര് കമലാഹരിച്ച് ജയിക്കുന്നു അവസാനം തോറ്റു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇന്ന് ഞാൻ പ്രവചനം ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിച്ചിട്ടേ ചെയ്തു തന്നു അപ്പൊ ഇതുവരെ ചെയ്തു തന്നു ഭഗവാനോട് ചോദിക്കാതെ മനസ്സിലായി എനിക്ക് ഒട്ടും പെരുത്തപ്പെടാമായാത്ത ചില കാര്യങ്ങളാണ് ഒന്ന് യുദ്ധം മറ്റൊന്ന് ജ്യോതിഷം കാരണം ഇത് ആൾക്കാരെ പറ്റിയില്ല അപ്പൊ കാലം എന്ന് പറയുന്നതിൽ നല്ലത് ചീത്ത അങ്ങനെയൊന്നുമില്ല അതൊരു കേവലം ഭൗതികമായൊരു വസ്തുമാണ് അതിലെങ്ങനെയാണ് നല്ലതും ചീത്തയും നല്ലതും ചീത്തയും നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ മനസ്സിലുണ്ട് നമ്മുടെ പ്രവൃത്തിയിലുണ്ട് നമ്മുടെ ചിന്തകളിലുണ്ട് നമ്മുടെ വാക്കിലുണ്ട് നമ്മളോട് സഹകരിക്കുന്ന മനുഷ്യരിലുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് ഇതൊക്കെയുണ്ട് കാലം എന്ന് പറയുന്ന അങ്ങനെ ഒരു സാധനം കാലത്തെക്കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ട് പറയാൻ അതുകൊണ്ട് സമയദോഷത്തിന് വേണ്ടിയൊന്നും ചെയ്യരുത് ദോഷമില്ലാത്ത സമയത്തിന് അവിടെ ദോഷം പരിഹരിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത് ഉം ശരി അപ്പൊ അടുത്ത്